<ras ColumNYka> ോ മേ വാജി പ്രതിഷ്ഠ മാർമ്മേധി വേദസ്യണീ സ്ഥ ൃതം മേ മാ അനേനധീരാൻ സാധ്യമതിഷ്യ സത്യം വരിഷ്യമി തന്മാമക്ത അവതു മാം നവതു വക്തം നവധു വക്തം ഓം ശാന്തി എന്നുവച്ചാൽ സന്ധിയോഗിക്കും സഖ്യതൊക്കെ നമ്മുടെ ഭാഷയത്തിൽ പറഞ്ഞു ആ തത്വജ്ഞന് ഇവിടെ വിധിക്കാൻ ആരുമില്ല അത് വേദമില്ല ഈശ്വരനില്ല ഗുരുവില്ല അത് വിശദീകരിക്കും അതുകൊണ്ട് വിധിച്ചതിൻ്റെ പേരിൽ ചെയ്യുക വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന എന്തുകൊണ്ട് അത് വിധിച്ചതുകൊണ്ട് പേരിൽ ചെയ്യുക അങ്ങനെ ഒന്നുമില്ല നമ്മുടെ വിധി ഇല്ല വേദം വിധി സ്വീകരിക്കേണ്ടാണല്ലോ ആസ്തികനാണല്ലോ മാസ്തികനാണോ നാസ്തികനാണെങ്കിൽ വേദവിധിയെ നിഷേധിക്കും ആസ്തികന പറയുന്നു ആത്മനായ സ്യാവി തത്പ്രഭവത്വ വിജ്ഞാന ആത്മനായ സ്യതത് പ്രഭവത്വ ഇവിടെ തത്വജ്ഞൻ ആ ജീവപരഭേദം നശിച്ചയാളാണ് ആ പരമാത്മസ്വരൂപമാണ് വേദം എവിടെ നിന്ന് ആ പരമാത്മാവിൽ നിന്നാണ് വേദം വന്നിരിക്കുന്നത് മനായസ്യവിത്തത് പ്രഭുത്വമാണ് ആ വേദവും അവനിൽ നിന്നാണ് വന്നത് ഉദ്ധ്യന സ്വയം നിയോജ്യത് തന്റെ അറിവിൽ നിന്നുണ്ടായ ആ വാക്യം അതുകൊണ്ട് അത് തന്നെ തന്നെ വിധിക്കുക തന്നെ തന്നെ പ്രേരിപ്പിക്കുക അത് സാധ്യമല്ലല്ലോ നാഭി ബഹുവിത് സ്വാമി അവിവേകിന് അഭൃത്യന് കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല വിവേകമുള്ളവര് യജമാനൻ അവിവേകിയായ തൻ്റെ ഭർത്തിൻ പറയുന്നതിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് അജ്ഞനായ ഭർത്തിൻ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ദോഷം വരും എന്നാൽ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ശരിക്കും ധാരണയുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല അതുപോലെയാണ് വേദമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈശ്വരൻ സർവജ്ഞനാണ് ആ സർവജ്ഞനായ ഈശ്വരന്റെ ഈശ്വരജ്ഞാനത്തിൻ്റെ ഒരു അംശമാണ് വേദം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈശ്വരന്റെ സർവജ്ഞത്വം എന്തായാലും വേദത്തിനല്ല ഒരാളുടെ ജ്ഞാനം വെളിപ്പെടുമ്പോൾ വെളിപ്പെട്ട് കിട്ടുന്ന ജ്ഞാനം അയാളുടെ ജ്ഞാനത്തിന്റെ ഒരു അംശം മാത്രമേ പൂർണ്ണ ജ്ഞാനത്തെ ആർക്കും വെളിപ്പെടുത്താൻ സാധ്യമല്ല ഉള്ളിലിരിക്കുന്നതിനും വെളിപ്പെടുത്തുന്നതിനും വാക്കിന് ശേഷിയില്ല അത് സാധാരണ കണ്ടുവരുന്നതാണ് ആർക്കും തൻ്റെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനത്തെ വാക്കിലൂടെ പൂർണ്ണമായി വെളിപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നു ഈശ്വരൻ തന്റെ ജ്ഞാനത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തിയതല്ല വേദം അത് ഈശ്വരന്റെ വാക്കാണെങ്കിൽ അതുകൊണ്ട് ഈശ്വരൻ സർവജ്ഞനാണ് ബഹുവിത് സർവവും റിയുന്ന യജമാനന്റെ സ്ഥാനത്താണ് വേദമാണെങ്കിലോ അവിവേകിയായ ഭൃത്യൻ്റെ സ്ഥാനം അൽപജ്ഞനായ ഭൃത്യൻ്റെ സ്ഥാനത്ത് അത്രയേ ഉള്ളൂ വേദത്തെ സർവജ്ഞൻ എന്ന് പറയുന്നുണ്ട് അതങ്ങനെ മനുഷ്യന്റെ അല്പജ്ഞാനൊക്കെ അപേക്ഷിച്ച് പറയുന്നതാണ് ഈശ്വരൻ്റെ സർവജ്ഞരെ അപേക്ഷിച്ചല്ല അതുകൊണ്ട് ഒരു ജ്ഞാനിയെ വിധിക്കാൻ എന്നത് ചെയ്യണം വേദത്തിനും സാധ്യമല്ല അതുകൊണ്ട് വേദവിധികളും ബാധകമല്ല അമനായസ നിത്യത്തി സ്വതന്ത്ര സർവാൻപ്രതി നിയോക്തൃത്വ സാമർഥ്യമേദം നിത്യമാണ് അനാദിയാണ് മീമാസരം ഇതനുസരിച്ച് പറയണം സ്വാതന്ത്ര്യം അതത് സ്വതന്ത്രമാണ് മറ്റ് പ്രമാണങ്ങളൊന്നും അപേക്ഷിച്ചിട്ടല്ല വിധിക്കുന്നത് സ്വതപ്രമാണമാണ് വേദത്തിൽ അതുകൊണ്ട് അതിനെ ആരോടും വിധിക്കാം ഏത് ജീവനോടും അത് വിധിക്കാം ജ്ഞാനിയോ അജ്ഞാനിയോ ഒന്ന് വേദന്ത്രത്തിൻ്റെ ജ്ഞാനം നിത്യജ്ഞാനമാണ് അത് സ്വതപ്രമാണവുമാണ് ജീവന്റെ ഞാൻ അത്പജ്ഞമാണ് അത് സുക്ഷിരാതി ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചുണ്ടാവുന്ന ഞാൻ അതുകൊണ്ട് അത് സാപേക്ഷികമാണ് ഞാൻ അങ്ങനെയുള്ള ഒരു ജീവനോട് ഏത് ജീവനോടും വേദത്തിന് വിധിക്കാം എന്ന് പറഞ്ഞാൽ നൗക്ക ദോഷ ഈ പറഞ്ഞ ദോഷം വരും എന്തുകൊണ്ടൊന്ന് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് ഈശ്വരസ്വരൂപം തന്നെയാണ് അതുകൊണ്ടവിടെ വേദത്തിൻ്റെ വിധിക്ക് വേദത്തിന് വിധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട എന്താണോ തത്വജ്ഞന്റെ നിലയിൽ നോക്കുമ്പോൾ വേദം അത്പജ്ഞനാണ് തഥാപി സർവേണ സർവതാ സർവം ശിഷ്ടം കർമ്മ കർത്തം തിക്തോ ദോഷ പരിഹാരിയേവ അത് മാത്രമല്ല ഇനി വേദം വിധിച്ചില്ലെങ്കിലും കർത്തവ്യമുണ്ട് എന്ന് പറയുകയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ വേദം വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ വിധിക്കാത്തവർക്കും ബാധമാണെന്ന് വരും സർവ്വം ശിഷ്ടം ഭീതം സർവീണാകും കടത്തുകയും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഇന്നാർക്കിന്ന കർമ്മം ബ്രാഹ്മണൻ എന്നത് ഇങ്ങനെയുള്ള ഭേദമൊന്നും കൂടാതെ സർവരും സർവകർമ്മവും ചെയ്യുക എന്ന് പറയുന്ന ഒരു ദോഷം വരും അത് മീമാംസകർക്ക് സമ്മതമല്ല മീമാംസവര് നിശ്ചയിച്ചിരിക്കുകയാണ് എന്താണോ ബ്രാഹ്മണൻ എന്ന ചെയ്യണം ക്ഷത്രി ചെയ്യണം വൈശത് ചെയ്യണം ചെയ്യാൻ പാടില്ല വർണ്ണബാഹ്യർ കണ്ടാളനും മറ്റും ചെയ്യാൻ പാടില്ല ഇത് നിയമങ്ങളെല്ലാം മീമാംസകർ ഉണ്ടാക്കിയിരിക്കുക അവർ വാശി പിടിക്കുകയാണ് വേദം വിധിച്ചില്ലെങ്കിൽ ശരി ഞാൻ ഈ കർമ്മം ചെയ്തേ എന്നൊന്ന് പറഞ്ഞാൽ വിധി ബാധകമല്ലാത്തവരും കർമ്മം ചെയ്യും അപ്പം സർവരും കർമ്മം ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന ദോഷം സർവം വിശിഷ്ടം കർമ്മ വിധിച്ച കർമ്മങ്ങൾ അതവർക്ക് സമ്മതമല്ല നടത്തും ോഷ പരിഹാര ശാസ്ത്രേണ തദപ്പത്മജ്ഞാനം തർ വിധിയൈരിച്ച് ഒരു തരത്തിലും ഒരാൾക്ക് കർമ്മത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പാടില്ല വൈദികന്മാരുടെ നിലപാടാണ് റൂമീമാംസകരുടെ അന്ന് പ്രാബല്യ അവർക്കായിരുന്നു മീമാസകരായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കർമ്മത്തെ നിഷേധിക്കുന്നവർക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു തദ്വശാസ്ത്രീയ വിധിയെ ശരി തത്വജ്ഞാനത്തെ എവിടെയെന്ന് മനസ്സിലാക്കി വേദത്തിൽ അതേ വേദമാണല്ലോ കർമ്മത്തെയും പറയുന്നു ആണ് തദപി ശാസ്ത്രേന വിധിയതയും പറയുന്നത് തത്വജ്ഞാനം കർമ്മസന്യാസം ഇതെല്ലാം ശാസ്ത്രം തന്നെയാണ് പറയുന്നത് യഥാകർത്ത കർമ്മകർത്തവ്യതാശാസ്ത്രേണ കഥ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു ശാസ്ത്രം തന്നെ രണ്ടൂര് ശാസ്ത്രം തന്നെ തഥാ തഥ്യാത്മജ്ഞാനം തസൈവ കർമ്മിയുടെ ശാസ്ത്രമാണ് വിധിയതേ അത ആത്മജ്ഞാനവും ആ കർമ്മക്ക് തന്നെയാണ് വിധിക്കുന്നത് അപ്പം രണ്ടും ചെയ്യേണ്ടി വരും ഒരാള് കർമ്മം ചെയ്യുക പിന്നീട് ആത്മജ്ഞാനവും കാരണം ഒരേ ഒരു ശാസ്ത്രമാണ് രണ്ടിനും പ്രമാണമായിരിക്കുന്നത് ഒന്നിന് പ്രമാണമാണ് തത്വജ്ഞാനത്തിനും കർമ്മത്യാഗത്തിനും പ്രമാണമാണ് കർമാനുഷ്ഠാനത്തിനും പ്രമാണമല്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്ര നിന്നെ ഭാഗികമായി അപ്രാമാണികമാകും വേദം പകുതി ശരി പകുതി തെറ്റെന്ന് വരും അതങ്ങനെ ശരിയാകും അതുകൊണ്ട് ഒരേ ഒരു വേദമേ ഉള്ളൂ അത് രണ്ടും പറഞ്ഞു ചെയ്യുക ഒരു സമയം കർമ്മം ചെയ്യുക മാറി മാറി പിന്നീട് കർമ്മത്യാഗം വീണ് കർമ്മം അങ്ങനെ പോകാം വിരുദ്ധാർത്ഥ ബോധകത്വ അനുപത്തെ വിരുദ്ധമായ കാര്യങ്ങളെ ഒരിക്കലും വേദം ബോധിപ്പിക്കത്തില്ല വിരുദ്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ സംബന്ധിക്കുന്നത് ഒരാൾ തന്നെ കർത്താവ് ഭോക്താവാണെന്ന് ബോധത്തോടു കൂടി കർമ്മം ചെയ്യും അതേ വ്യക്തി തന്നെ അകർത്താവാണ് ഭോക്താവാണെന്ന് ജ്ഞാനനിഷ്ഠയിൽ ജ്ഞാനിയായിരിക്കുക ഇത് എങ്ങനെ സംഭവിക്കുക ഇത് ഒരു വ്യക്തിയിൽ ഒരു കാലത്ത് ഒരിക്കലും സംഭവിക്കത്തില്ല അല്ലെങ്കിൽ ഒന്നേ നിൽക്കും ഒന്നുവിൽ കർത്താവാണ് ഉപഭോക്താവാണെന്ന് കർമ്മം ചെയ്യുക അല്ലെങ്കിൽ താൻ അകർത്താവാണോ എന്ന് രീതിയിൽ കർമ്മത്തെ ഉപേക്ഷിക്കരുത് രണ്ടും ഒരുമിച്ച് സാധ്യമല്ല ഏകസ്മിൻ കൃത അകൃത സംബന്ധിത്വം തദ്വിപരീതത്വം ചെ ബോധയിതും സഖ്യം ഒരേ ഒരു വ്യക്തിയിൽ തന്നെ കൃത അകൃത സംബന്ധിത്വം കൃതം ഇത്രയും ഞാൻ ചെയ്ത് കഴിഞ്ഞു അകൃതം ഇനി ഇത്രയും ഞാൻ ചെയ്യാനുണ്ട് ഇതൊക്കെ എന്റെ കർത്തവ്യമാണോ ഇത്ര ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ബോധം അതിനനുസരിച്ചുള്ള പ്രവൃത്തി തദ്വിപരീതം എന്താണോ എനിക്ക് കൃതവുമില്ല കർത്തവ്യവുമില്ല ഞാനൊന്നും ചെയ്തിട്ടുമില്ല ഇനി എനിക്കൊന്നും ചെയ്യാനുമില്ല ഇതങ്ങനെ ഒരു വ്യക്തിയിൽ ഒരേ സമയമായിരിക്കും തത്വം ഞാൻ അതാണ് ബോധിപ്പിക്കുന്നത് എന്താണ് നീ കർത്താവല്ല നീയൊന്നും ചെയ്തിട്ടില്ല നിനക്ക് കർത്തവ്യവുമില്ല മറിച്ച് ഞാൻ ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യാനുണ്ട് ഇതെങ്ങനെ യോജിക്കും യോജിക്കത്തില്ല ഏകസ്മിൻ ഒരു വ്യക്തിയിൽ ഒരേ കാലത്ത് ഇങ്ങനെ ചേർക്കണം ഇങ്ങനെയുള്ള വിപരീത കാര്യങ്ങളെ ബോധിപ്പിക്കാൻ സാധ്യമല്ല ഏതുപോലെ ശീതോഷ്ണതാമ്യവ് അഗ്നേഹേ അങ്ങനെ ശീതവുമാണ് ഉഷ്ണവുമാണ് ബോധിപ്പിക്കുമ്പോഴേക്കും അങ്ങനെ എങ്ങനെ ശീതവും ഉഷ്ണവുമാകാൻ പറ്റും ഒന്ന് മാത്രമേ ഉള്ളൂ സത്യം അത് സദാ ഉഷ്ണമാണ് എത്രയൊക്കെ പ്രഞ്ഞാലിച്ച് സർവകർമ്മത്യാഗം അത് വൈദികന് അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ ചർച്ച അവസാനിക്കാത്തത് ഇതൊന്ന് മനസ്സിലാക്കണം ഇത് ബോധിപ്പിക്കുന്ന സമൂഹത്തിൽ വൈദിക കർമ്മങ്ങളുടെ സ്വാധീനം എത്രമാത്രം ശക്തമായിരുന്നു എന്നുള്ളത് നമ്മളിതിൽ നിന്ന് ബോധിപ്പിക്കണം എത്ര ശക്തമായിരുന്ന ഒരു സ്വാധീനത്തെയാണ് ഭാഷകാരൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നാ ഇഷ്ടയോഗിക ആത്മനോ അനിഷ്ടോഗികിത്സ ശ ശാസ്ത്രകഥ സർവപ്രാണിനാം ശാസ്ത്രകൃത സർവപ്രാണിനാം തദ്ദർശനം ഇഷ്ടോകീർ ആത്മനോ അനിഷ്ടയോർഷ വിരാമരാ തദ്ദർശന ശാസ്ത്രം ചേയം ഗോപാദീന ചർശ്യേത ആ ശാസ്ത്രജ്ഞ ഇഷ്ടോകീർ ആത്മനു ഇഷ്ടത്തെ പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹം മുഴുവനും അതുപോലെ അനിഷ്ടവിയോഗ ചികിത്സ അനിഷ്ടത്തെ ഒഴിവാക്കുന്നതിനുള്ള ആഗ്രഹം ശാസ്ത്രകൃത എന്ന ശാസ്ത്രം ഉണ്ടാക്കുന്ന ശാസ്ത്രം ബോധിപ്പിക്കുന്നുണ്ട് ഇഷ്ടത്തെ പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹം ഉദാഹരണം സ്വർഗത്തെ തന്നെ എടുക്കാം സ്വർഗത്തിൽ പോകുന്നതിനുള്ള ആഗ്രഹം അത് ശാസ്ത്രം ഉണ്ടാക്കുന്നതല്ല അനിഷ്ടവിയോഗ ചികിത്സ നരകത്തെ ഒഴിവാക്കുന്നതിനുള്ള ആഗ്രഹം അത് ശാസ്ത്രം ബോധിപ്പിക്കുന്നല്ലോ ഇഷ്ടഫലങ്ങളെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം വേദം പറയുന്നതോ ഏതെങ്കിലും ശാസ്ത്രമോ ഗുരുവെന്നും ബോധിപ്പിക്കുന്ന എന്തുകൊണ്ട് സർവപ്രാണിനാം തദ്ദർശന എല്ലാ പ്രാണികളിലും അത് കാണുന്നുണ്ട് സ്വർഗം നിറഞ്ഞ സുഖം സുഖം വേണം സർവ്വപ്രാണികളും ആഗ്രഹിക്കുന്നുണ്ട് നരകം ദുഃഖം ദുഃഖം ഒഴിവാക്കണമെന്ന് സർവ്വപ്രാണികളും ആഗ്രഹിക്കുന്നു സർവപ്രാണികൾ മനുഷ്യന് മാത്രമല്ല സർവ്വജീവികളും അത് ആഗ്രഹിക്കുന്നു അത് ശാസ്ത്രം ബോധിപ്പിക്കുന്നു ഒരിക്കലാണ് പിന്നെ ശാസ്ത്രം ബോധിപ്പിക്കുന്ന എന്താണ് വേദവും മറ്റും ഇഷ്ടത്തിൻ്റെ ഉപായങ്ങൾ അതാണ് ശാസ്ത്രം ബോധിപ്പിക്കുന്നത് ആ ഇഷ്ടം സ്വർഗമാകുമ്പോൾ അതിൻ്റെ ഉപായം യാഗമാണ് നിഷിദ്ധം അത് നരകമാകുമ്പോൾ അതിൻ്റെ ഉപായം അനിഷ്ടകർമ്മങ്ങളെ ത്യജിക്കലാണ് അല്ലെങ്കിൽ നിഷിദ്ധ കർമ്മങ്ങളെ ത്യജിക്കലാണ് ഇത് ശാസ്ത്രം ബോധിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ ശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്നു അല്ലാതെ ഇഷ്ടാനിഷ്ടങ്ങൾക്കുള്ള ആഗ്രഹം അത് ശാസ്ത്രം വിധിക്കുന്നതല്ല ശാസ്ത്രകൃതം ചെയ്ത് ഉഭയം ഗോപാലാദീനാം നദർശിയത് ശാസ്ത്രകൃതം ചെയ്ത് തത് ഉഭയം ശാസ്ത്രകൃതമാണ് അത് രണ്ടുമെങ്കിൽ ഗോപാലൻ എന്നുവെച്ചാൽ പശുവിനിക്കുന്നു ഗോപാല എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഗോവിനെ പാലിക്കുന്നത് മൂഠനം നടത്തും മൂഠന്മാരുടെ പണിയാണ് പശുവിനെ നോക്കുക എന്നുള്ള അർത്ഥത്തിലല്ല കാരണം പശുവിന് നോക്കുന്നതിന് വേണ്ടി വേദജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട് അതാർക്കും ചെയ്യാം അപ്പൊ സാധാരണഗതിയിൽ വിശേഷബുദ്ധിയൊന്നും ഇല്ലാത്തവരാണ് പശുവിന്റെ പിറകുന്നു അതിന് വിശേഷബുദ്ധിയുടെ ആവശ്യം അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇറങ്ങാമെന്ന് അത് വെച്ചുകൊണ്ട് പറയാണ് ആശ്രമത്തിൽ പശുവിനെ നോക്കുന്നവരെല്ലാം മൂഢന്മാരണം എന്നുള്ള അർത്ഥം അങ്ങനെ ധരിച്ചുട ഗോപാലൻ കാലിയെ അതിന് വിശേഷജ്ഞാനത്തിന്റെ ആവശ്യം അപ്പൊ അങ്ങനെയുള്ളവർക്കും എന്തുണ്ട് വിശേഷ ബുദ്ധി ഇല്ലാത്തവർക്കും മൂഢന്മാർക്കും ഇഷ്ടയോഗ ചികിത്സയുണ്ട് സുഖത്തെ പ്രാപിക്കണം ദുഃഖത്തെ ഒഴിവാക്കണം അതിനുവേണ്ടിയിട്ടാണ് ആ ജോലി ചെയ്യുന്നത് ഇത് കാണുന്നുണ്ട് ഇത് ശാസ്ത്രം ബോധിപ്പിക്കുകയാണെങ്കിൽ അവരിൽ ഇത് കാണത്തില്ലായിരുന്നു വീതിശാസ്ത്രം ബോധിപ്പിക്കുന്നതല്ല ആ ശാസ്ത്രജ്ഞത്വാക്കേഷം അവരൊന്നും വേദം പഠിച്ചിട്ടില്ല അത് ചെയ്യുന്നത് പറയുന്നു അതങ്ങനെ പറയാനെന്താണ് കാരണം ഒരു തത്വജ്ഞന യാഗം ചെയ്ത് സ്വർഗത്തെ നേടേണ്ട ആവശ്യം അങ്ങനെ ഒരു പ്രയോജനത്തെ ആഗ്രഹിക്കുന്നില്ല അനിഷ്ട കർമ്മങ്ങൾ ഒഴിവാക്കി നരകത്തെ ഒഴിവാക്കേണ്ട ആവശ്യവും അങ്ങനെയൊന്നുമില്ലെങ്കിലും ശാസ്ത്രം വിധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കർമ്മം ചെയ്യണം വിധിച്ചതുകൊണ്ട് ചെയ്യുക എന്ന് പറയുകയാണെങ്കിലോ പറയുന്നു അത് ഇവിടെ ശാസ്ത്രം ബോധിക്കുന്നത് കേവലം അതിന്റെ ഉപായങ്ങളെ മാത്രമാണ് അയിഷ്ടം അത് അവന് ശാസ്ത്രം ബോധിപ്പിക്കാതെ പ്രാപ്തമാണ് സുഖം ശാസ്ത്രന്മാരങ്ങളുടെ സുഖത്തെ ഉപായത്തെ ബോധിപ്പിക്കുന്നുള്ളു ിഷ്ടമില്ലെങ്കിലും താത്പര്യമില്ലെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല അതിന് വേദം അത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല പശുവിനെ വഴത്തു നിന്നത് വേദം ബോധിപ്പിച്ചിട്ടല്ല സ്വപ്രാപ്തം തശാസ്ത്രീയണ ബോധയിദവ്യം ശാസ്ത്രം എന്താണ് ബോധിപ്പിക്കുന്നത് ഏതാണോ സ്വയം പ്രാപ്തമല്ലാത്തത് അതാണ് ശാസ്ത്രം ബോധിപ്പിക്കുന്നത് സുഖത്തെക്കുറിച്ചുള്ള ആഗ്രഹം അത് തനിയെ പ്രാപ്തമാകുന്നതാണ് പക്ഷേ സുഖത്തിൻ്റെ ഉപായം വ്യാഗമാണെന്നുള്ളത് സ്വതു അപ്രാപ്തം അസ്വയം പ്രാപ്തമാകുന്നതല്ല തശാസ്ത്രീയണ ബോധയിദവ്യം അതിശാസ്ത്രം ബോധിപ്പിക്കുന്നു നിഷിദ്ധമായ കർമ്മങ്ങൾ അത് ഇന്നതാണോ അത് ഒഴിവാക്കണം എന്ന് ശാസ്ത്രം ബോധിപ്പിക്കുന്നു പാപനെ സംബന്ധിച്ച് അതറിയില്ല ദുഃഖം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ അതിൻ്റെ ഉപായ ഇന്നതാണെന്ന് അയാൾക്ക് അറിയത്തില്ല ഈ നിഷിദ്ധ കർമ്മങ്ങളാണ് ദുഃഖത്തിന് കാരണം അതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നതാണ് ദുഃഖ നിവൃത്തിക്ക് ഉപായം എന്ന് അയാളറിയുന്നില്ല അത് ശാസ്ത്രം ബോധിപ്പിക്കുന്നു അതെന്താണത് സ്വത അപ്രാപ്തം തനിയെ പ്രാപ്തമാകുന്നതല്ല യാഗം ഗുരുവിന്റെ രാഗം കൊണ്ട് പ്രാപ്തമാകുന്നതല്ല അത് വേദം കൊണ്ട് പ്രാപ്തമാകുന്നതാണ് തച്ചേ കൃത കർത്തവ്യത അവിരോധി ആത്മജ്ഞാനം ശാസ്ത്രേണ കൃതം കഥം തദ്വിരുദ്ധം കർത്തവ്യതാം പുനരുത്പാതയെ അഗ്നു തമ ഇവ ജനു അകർത്തിവ്യതാ വിരോധി ആത്മജ്ഞാനം ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ഈ ബോധത്തെ ഇല്ലാതാക്കുന്ന ഇതിന് വിരോധിയായിരിക്കുന്ന ആത്മജ്ഞാനം ഞാൻ അസംഗനായ ആത്മാവാണു ഈ ജ്ഞാനം ശാസ്ത്ര കൃതം ഒരു ജ്ഞാനത്തെ ണ്ടാക്കി കഴിഞ്ഞാൽ കഥം തദ്ധ അനുവിരുദ്ധമായി വരുന്ന കർത്തവ്യതം എനിക്കിത് കർത്തവ്യമാണ് ചെയ്യേണ്ടതാണോ എന്നുള്ളത് പുനരുത്പാദയെ അങ്ങനെ ഒരു ബോധത്തെ പിന്നെ ശാസ്ത്രത്തിന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും വിദ്വാനിൽ എങ്ങനെ കർത്തവ്യത്തെ ബോധം ഉണ്ടാവും ഉണ്ടാകത്തില്ല ശീതതമു തമ ഇവച്ച ഭാനവും അഗ്നിയിൽ ശീതര ഉണ്ടാക്കുക ഭാനുവിൽ സൂര്യനിൽ തമസ് ഉണ്ടാക്കുക സാധ്യമല്ല ആത്മജ്ഞാനം എല്ലാ വിവേകത്തെയും ഇല്ലാതാക്കുന്ന വെളിച്ചമാണ് ആ പ്രകാശത്തിൽ പിന്നെ ഇരുട്ടിനെങ്ങനെ സ്ഥാനം അത് സാധ്യമല്ല അത് ഇതം കൃതം ഇതം കർത്തവ്യം എന്നുള്ള ജ്ഞാനത്തിന് വിരോധിയാണത് അതുകൊണ്ട് ആത്മജ്ഞന കർമ്മം ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല പൂർവമാംസരെ എന്തുകൊണ്ടായത് പറയുന്നത് കാരണം ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരാത്മാവുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവർ കർമ്മം ചെയ്യുന്നത് ആ കർമ്മം ചെയ്ത് ആത്മാവ് പോയി സുഖം അനുഭവിക്കുന്നു സ്വർഗത്തിൽ അതിനുവേണ്ടി ചെയ്യുന്നു ശരീരഭിന്നമായ ഒരാത്മാവ് ഉണ്ടെന്നുള്ള ആ ജ്ഞാനം കർമ്മത്തിനാണ് കാരണം എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് അതുപോലെ കർമ്മം ചെയ്തേ തീരൂ അതിനാണ് നിഷേധിക്കുന്നത് ആ ജ്ഞാനം ശരിയായ ജ്ഞാനമല്ല ശുദ്ധമായ ആത്മജ്ഞാനം കർമ്മത്തെ നിഷേധിക്കുകയാണ് പിന്നെ അവിടെ കർമ്മങ്ങളില്ല അത്വജ്ഞാനി സർവകർമ്മങ്ങളിൽ നിന്നും മുക്തനായി എന്ന ബോധേത്യവേദിച്ച് പറയുന്നെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ആത്മബോധം അത് വേദത്തിലൊന്നുമില്ല എന്ന് പറഞ്ഞാലോ വേദത്തിൽ കാണാനില്ല അങ്ങനെ ഒരു കർമ്മത്തെ ആകൂ എന്നാ ബോധയത്യവ വേദം ബോധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നാ ശരിയല്ല സത്മേദി വിദ്യാ പ്രജ്ഞാനം ബ്രഹ്മേജ് ഉപസംഹാരാദ് ഇതിന് മുമ്പ് മുമ്പ് എവിടെയാണ് സ മ ആത്മീയ വിദ്യാ അത് സ്വരൂപമാണ് അതാണ് എന്റെ സ്വരൂപം നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ട് അവസാനം അവസാനിപ്പിക്കുന്നു പ്രജ്ഞാനം ബ്രഹ്മം ആ ബ്രഹ്മം അതീപ്രജ്ഞാനം തന്നെ തദാത്മാനം ആവേത് അത് ആ സ്വസ്വരൂപത്തെ തന്നെ സാക്ഷാത്കരിച്ചു ആ പരമാത്മാവായി തത്തുമസി ആ പരമാത്മാവ് തന്നെയാണ് നീ നിത്യവിമാതി വാഖ്യാനം തത്പരത്തത് ഈ വാക്യങ്ങളെല്ലാം എന്താണ് അകർത്താവായ ആത്മാവിനെ ബോധിപ്പിക്കുന്നു കർമ്മം കർമ്മത്തിന്റെ അവസ്ഥ ഉത്പന്ന ബ്രഹ്മാത്മവിജ്ഞാന അബാധ്യമാനത്വ അനുപന്നം ഭ്രാന്തം വേദിസിക്കുമ്പോൾ പറയുന്നു അങ്ങനെ ഇനി ശ്രുതി പറയുന്നു തന്നെ ഇരിക്കട്ടെ ഇങ്ങനൊരു ജ്ഞാനം ആർക്കാ ഉണ്ടാകുന്നത് താൻ അകലത്താവായ അങ്ങനെ ഉണ്ടാകും പറയുന്നു അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകും ശ്രുതി ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടാകും എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ടുണ്ടായില്ല നിങ്ങൾക്കതിനുള്ള യോഗ്യത വന്നിട്ടില്ല എന്ന് മീമാൻസികരോട് പറയും യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് വരും അതുണ്ടാകും അത് മാത്രമല്ല ശരി എങ്ങനെ ഉണ്ടായിന്നു തന്നെ ഇരിക്കട്ടെ ഒരാൾക്ക് ഞാൻ അകർത്താവായ ആത്മാവാണ് എന്നൊരു ജ്ഞാനം വേദത്തിൽ അതുവരെ ഞാൻ കർത്താവണെന്ന് ധരിച്ചിരുന്നു എന്തായാലും ഇന്നുവരെ തൻ കർത്താവാണ് കർമ്മം ചെയ്യേണ്ടവനാണ് എനിക്ക് കർത്തവ്യമുണ്ട് എന്ന് ധരിച്ചവനാണ് തനിക്ക് കർത്തവ്യമൊന്നുമില്ലെന്നുള്ള ഞാൻ ഉണ്ടാകുന്നു അപ്പം നേരത്തെയുള്ള ഞാൻ ഏതാണ് എനിക്ക് കർത്തവ്യമുണ്ട് എന്നുള്ളത് ഞാൻ അപ്പം വേദം എന്താണ് ബോധിപ്പിച്ചത് എനിക്കൊരു കർത്തവ്യമില്ലെന്നപ്പോൾ ഈ രണ്ടാമത് ഉണ്ടായത് ഒരു ഭ്രമമായി കൂടെ ആ ഭ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മത്തെ തിരിക്കുന്നത് ഉചിതമാണ് ഇനി ഭ്രമമല്ല എന്ന് വെച്ചോ ഇങ്ങനൊരു ജ്ഞാനം ഉണ്ടായി ഞാൻ ആ ആത്മാവാണ് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതൊന്ന് നെസ്റ്റുഡേ നമുക്കിപ്പോൾ ഉണ്ടാകുന്നു ജ്ഞാനം പോലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഉണ്ടാകുന്നു പുറത്തിറങ്ങുമ്പോൾ ഞാനും നശിക്കുന്നു അതുപോലെ ഞാനൊന്ന് നെക്സ്റ്റുഡേ ഇതിന്നും സംഭവിക്കുന്നില്ല ഉത്പന്നസി ബ്രഹ്മാത്മവിജ്ഞാന അപാധ്യമാനത്വ ഈ ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനം ഉണ്ടാകുന്നുണ്ട് ഞാൻ അകർത്താവായ ആത്മാവാണ് എന്ന് ഉള്ള ബോധം ഉണ്ടാകുന്നുണ്ട് അത് മാത്രമല്ല അതിന് ബാധ ഉണ്ടാകുന്നില്ല ബാധസാധനം എങ്ങനെയുണ്ടാവുന്നത് ഒരു മരിചിയെ കണ്ടിട്ട് വെള്ളമാണെന്ന് ധരിച്ചു ജലമാണെന്ന് ധരിക്കുന്നു ബാധ എങ്ങനെ ഉണ്ടാകുന്നു ഇത് ജലമല്ല വെറും വെളിച്ചം മാത്രമാണ് അതാണ് ബാധ അതുപോലെ ഒരാൾക്ക് ജ്ഞാനമുണ്ടായി എന്താണ് ഞാൻ ആത്മസ്വരൂപമാണ് എന്റെ സ്വരൂപം അകർത്തൃ ആത്മാവാണ് കർത്തൃത്വരഹിതമായ ആത്മാവാണ് എന്നുണ്ടായതിനു ശേഷം പിന്നെ അയാൾക്ക് ഞാൻ കർത്താവും ഭോക്താവുമാണെന്നുള്ള ജ്ഞാനുണ്ടാകുന്നില്ല വാസ്തവജ്ഞാനത്തിന് ശേഷം പിന്നെ ഭ്രാന്തി ഉണ്ടാകുന്നില്ല അത് സംഭവിക്കുന്നില്ല എന്നറി നമുക്ക് ഭ്രമം മാറിയിട്ടും വീണ്ടും ഭ്രമം ഉണ്ടാകാറുണ്ടല്ലോ അതെന്താണ് ബാഹ്യമായ വസ്തുവിഷയമായിട്ടുള്ള ഭ്രമമാണ് രജുവിൽ കണ്ട് ബോധ്യപ്പെട്ട ആ ബോധ്യപ്പെടലിൽ ഭ്രമം പൂർണ്ണമായും നശിച്ചു പിന്നീടതവിടെ ആ സമയത്ത് അതിന് കടന്നു വരാൻ പറ്റത്തില്ല വേറെ സ്ഥലത്ത് വേറെ കാലത്ത് വേറെ വസ്തുവിൽ ഒക്കെ സംഭവിക്കും അവിടെയുണ്ടായ യഥാർത്ഥ ജ്ഞാനം ഇത് സർപ്പമല്ല രജ തന്നെ അത് ബാധിക്കുന്നില്ല യഥാർത്ഥ ജ്ഞാനത്തിന് ബാധയില്ല ഭ്രമമേ ബാധിക്കത്തുള്ളൂ സത്യത്തിന് ബാധയിൽ ഇത് സത്യമാണ് അപ്പോൾ ഞാൻ അകർത്താവായ ആത്മാവാണെന്ന ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മറിച്ച് ഞാൻ കർത്താവും ഭോക്താവുമാണെന്നുള്ളൊരു ജ്ഞാനം ഉണ്ടാകുന്നില്ല അതാണ് ബാധയില്ല എന്ന് പറഞ്ഞാൽ വിപരീതമായൊരു ജ്ഞാനം ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു ജ്ഞാനം എന്തുകൊണ്ടിങ്ങനെ ബാധിക്കാൻ ഞാൻ കർത്താവാണെന്നുള്ള ആ ജ്ഞാനത്തെ താൻ അകർത്താവാണെന്നുള്ള ജ്ഞാനം ബാധിച്ചു ഇനി അകർത്താവാൻ എന്നുള്ള ആ ജ്ഞാനം ബാധിക്കണമെങ്കിൽ ഇനി കടത്താവുന്ന ഒരു ജ്ഞാനം വരണത് സംഭവിക്കുന്നുണ്ട് ബോധിച്ചവന് ബാധയില്ല അത് ഞാനുണ്ടാകുന്നുണ്ട് ആ ഞാനുണ്ടാകുന്നതുകൊണ്ടാണ് ഉപദേശിക്കുന്നത് അത് അതിൻ്റെ തെളിവാണ് ഉപദേശിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ജ്ഞാനത്തെക്കുറിച്ച് പരമാത്മവിജ്ഞാനത്തെ അബാധ്യമാനത്വം എന്ന അനുത്പന്നം ഭ്രാന്തമ്പ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല ഇതൊരു ഭ്രമമാണോ എന്നൊന്നും പറയാൻ സാധ്യമല്ല അങ്ങനെ ഒരു ജ്ഞാനമുണ്ടോ ഉണ്ടെങ്കിൽ കർമ്മത്യാഗവുമുണ്ടോ എന്തായാലും ഭാഷകാരന് കർമ്മത്യാഗത്തെ സമൃദ്ധി ചെയ്യപ്പെട്ടു ത്യാഗേപി പ്രയോജനാഭാവസ്ഥ തുല്യത്തെ മിരിച്ച് നാഗൃതയനേഹ് കശ്ശനേ വിസ്മൃതിഹി എന്നാലും അത് വിട്ടു കൊടുക്കാൻ തയ്യാറില്ല പറയുന്നു എന്തുകൊണ്ട് തത്വജ്ഞൻ കർമ്മം ചെയ്യുന്നില്ല പ്രയോജനമില്ലാത്ത അതുകൊണ്ടൊരു പ്രയോജനം നേടാനില്ല അങ്ങനെയാണെങ്കിൽ തത്വജ്ഞന ത്യാഗം കൊണ്ടെന്താ പ്രയോജനം കർമ്മത്യാഗം കൊണ്ട് എന്താ പ്രയോജനം അവിടെയും പ്രയോജനമൊന്നുമില്ല അപ്പോ കർമ്മത്യാഗം കൊണ്ടും പ്രയോജനമില്ലാത്തൊണ്ട് കർമ്മം ചെയ്യാവുന്നു അത് വെറുതെയല്ല ഗീതനും പറയുന്നു നൈവ തസ്യ കൃതയനാർത്ഥോ നാ കൃതയനേഹ തസ്റ്റനാ ഭഗവാൻ പറഞ്ഞു അവനെന്തെങ്കിലും ചെയ്തിട്ടൂടെ യാതൊന്നും നേടാനില്ല ചെയ്യാതിരുന്നിട്ടും ഒന്നും നേടാനില്ല തൃജിച്ചിട്ടും അവനെന്തിനു കർമ്മത്തെ കർമ്മം ചെയ്യാന്നില്ല വിദ്വൻ കർമ്മം ചെയ്യുന്നില്ല എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിനുവേണ്ടി വിദ്വൻ അതുകൊണ്ടെന്താ പ്രയോജനം ത്യാഗേ പ്രയോജന ഭാവസ്ഥ തുല്യത്തിമിനിച്ച് ഏതെല്ലാം തരത്തിൽ ആ കർമ്മത്യാഗത്തെ ഒഴിവാക്കാമോ ആ തരത്തിലെല്ലാം ചിന്തിക്കുകയാണ് കർമ്മം അനുഷ്ഠിച്ച് തീരുമെന്നുള്ള വാശി नागर्तयेन एव गस्ने विद स्मृतिहे य आहुर् विदित्वा ब्रह्मा विद्धानमेव कुर्यादति तेषां अपि एष समानो दोष प्रयोजन अभाव इति चेत् आदोण्ड പറയുന്നു विदित्वा ब्रह्मा विद्धानमेव कुर्या ब्रह्मा ज्ञानत्वल പിന്നെ त्यागം പിന്നെ ഒരു കർമാനുഷ്ഠാനം ഇല്ല പിന്നെ ആവശ്യമില്ല പിന്നെ വിദ്യുത്വ എന്ന് ചത്യാകും സന്യാസം ദേവപുര്യാദ സന്യാസം അനുഷ്ഠിക്കണം സമാന ദോഷം അവർക്ക് ഈ ദോഷം തന്നെ പ്രയോജനമില്ല തത്വജ്ഞാനി സമാന ദോഷം എന്ന് പറയുന്നത് എന്തുകൊണ്ട് തത്വജ്ഞാനി എന്തുകൊണ്ട് കർമ്മം ചെയ്യുന്നില്ല പ്രയോജനമില്ല അങ്ങനെ തത്വജ്ഞാനി പ്രയോജനമില്ലാത്തതുകൊണ്ട് കൃത്യനേഹ കർശന കൃതയനാർത്ഥവും പ്രയോജനമില്ല ചെയ്യുന്നതുകൊണ്ട് ചെയ്യാത്ത പ്രയോജനം ത്യാഗം കൊണ്ടും പ്രയോജനമില്ല അതുകൊണ്ട് തത്വജ്ഞൻ കർമ്മം തിരികണമെന്ന് പറയുന്നത് ശരിയല്ല എന്നാണെങ്കിലോ വീണ്ടും വീണ്ടും അതുതന്നെ ചരിത്ര അക്രിയാ മാത്രത്വ അത്യുദ്ധാന ഒരു പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്താണോ കൂടെ കർത്തവ്യമായി അനുഷ്ഠാനമുണ്ട് പ്രവൃത്തി അഗ്നിഹോത്രമായാലും ജ്യോതിഷമമായാലും അതിന് ഫലവുമുണ്ട് അനുഷ്ഠാനം അനുഷ്ഠാനത്തിന് ഫലം സ്വർഗ്ഗം പോലെയുള്ള ഫലം സന്യാസം സന്യാസത്തിന് ഫലമില്ല എന്ന് പറഞ്ഞു സന്യാസം കേവലം അക്രിയ മാത്രം ചെയ്യാതിരിക്കലാണ് അതിനും ഫലമില്ല അതുകൊണ്ട് അതും വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഫലത്തെ ഉണ്ടാക്കുന്നുവെന്നല്ല ക്രിയാ അഭാവം കേവലമായ സ്ഥിതി അതെന്ത് ഫലത്തെ ഉണ്ടാകാനാണ് അഭാവം എന്ത് ഫലത്തെ ഉണ്ടാക്കും അത് സ്വയം ഫലം എന്ന് വേണമെങ്കിൽ പറയാം സ്വയം ഫലസ്വരൂപമാണ് അല്ല അത് ഫലത്തെ ഉണ്ടാക്കുന്നില്ല കർമ്മം അങ്ങനെയല്ല അനുഷ്ഠാനം ഫലത്തെ ഉണ്ടാക്കുന്നു സ്വർഗത്തെ ത്യാഗം അങ്ങനെയല്ല അത് ഇനി മറ്റൊരു ഫലത്തെ ഉണ്ടാക്കുന്നില്ല വേറൊരു ഫലത്തെ അത് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഫലം ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് സ്വയം ഫലമാണ് ഫലമില്ല അവിടെ കേവലം ക്രിയാഭാവമാണ് അക്രിയ മാത്രമാണ് ഔദാസീന്യമാണ് കർമ്മങ്ങളിലോടുള്ള അത് കർമ്മഫലം പോലെ അല്ല കർമ്മത്തിന്റെ ഫലമല്ല സന്യാസം കർമ്മഫലമല്ല രണ്ടു രണ്ട് കാര്യമാണ് അത് സ്വാസ്ഥ്യമാണ് സ്വസ്ഥിതിയാണ് സ്വരൂപസ്ഥിതിയാണ് ത്യാഗം ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യാപാരത്തിന്റെ ഫലമല്ല സ്വർഗം അങ്ങനെയുള്ള ഒരു ചേഷ്ടയുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഉള്ള ത്യാഗത്തിൽ കർമ്മമില്ല സ്ത്രീയുമില്ല പറയുന്നു അവിദ്യ നിമിത്തവും പ്രയോജന സ്വഭാവം ഈ പ്രയോജനം എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നു ആ പ്രയോജനത്തിന്റെ നിലനിൽപ്പ് അത് അവിദ്യഹേതു ആയിട്ടാണ് എങ്ങനെ അവിദ്യ കൊണ്ട് വിചാരിക്കുന്നു ഞാൻ കർത്താവാണ് ചെയ്യേണ്ടവനാണ് എനിക്ക് കർത്തവ്യമുണ്ട് അവിദ്യ കൊണ്ട് തന്നെ അഭിമാനം വരുന്നു അവിദ്യ കൊണ്ട് കർമ്മം അവിദ്യ കൊണ്ട് കർമ്മത്തിന്റെ ഫലമായ സുഖത്തെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നു അപ്പൊ അതെല്ലാം പ്രയോജനമായി വരുന്നു സുഖം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ ദുഃഖം നിവൃത്തി അപ്പൊ ഈ പ്രയോജനം എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു അവിദ്യ അവിദ്യ ഉള്ളിടത്തെ പ്രയോജനമുള്ളൂ അവിദ്യ ദശിച്ചാലോ അവിടെ പ്രയോജനമില്ല ഒരു പ്രയോജനമല്ല ഒരു ഫലമല്ല മുക്തി എന്താണ് അത് ആത്മസ്വരൂപം തന്നെ ഇത് പ്രയോജന വസ്തുധർമ്മ ആത്മസ്വരൂപം അല്ല കർമ്മഫലമായ സുഖം ആത്മസ്വരൂപമല്ല അവിദ്യ നിമിത്തമാണ് ജ്ഞാനഫലമായ അസന്യാസം അത് വസ്തുധർമ്മമാണ് ആത്മസ്വരൂപം തന്നെ ഞാൻ നിങ്ങളുടെ സന്യാസം എന്ന് പറയുന്ന എന്താണോ ആ ആത്മസ്വരൂപം തന്നെ അവിടെ പ്രത്യേകിച്ച് സന്യാസത്തിനു വേണ്ടിയൊരു ചേഷ്ടയില്ല സർവപ്രാണിനാ തദ്ദർശന സർവപ്രാണികളെ നമ്മൾ കാണുന്നുണ്ട് എന്താണോ പ്രയോജനം അജ്ഞാനനിമിത്തമാണ് പ്രയോജന തൃഷ്ണയാജാ പ്രേതിമാണസ്യവാഗ്മനക്കായി ഹീ പ്രവൃത്തി ദർശന പ്രയോജന ഹം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ വാക്ക് മനസ്സ് കായം ഇതെല്ലാം കൊണ്ട് പ്രവൃത്തി സംഭവിക്കുന്നു ശ്രുതി എന്നാണ് പറയുന്നത് ഭാഷകാരൻ എന്ത് നിസ്സാര കാര്യം പറഞ്ഞാലും ശ്രുതിയുടെ പ്രമാണംേത ജായാമേസ്യ അവൻ ആഗ്രഹിച്ചു എന്താണ് എനിക്ക് ജായ ഭാര്യ ഉണ്ടാവട്ടെ ഭാര്യ അസഹിതനായിരുന്നു വേണം കർമ്മങ്ങൾ ചെയ്യാൻ ഇത്യാദിനുത്ര വിത്താദി പാങ്ക്തലക്ഷണം കാമ്യം ഏവേദി ശ്രുതി അങ്ങനെ പാങ്ക്തം പഞ്ചസംഖ്യ ഉള്ളതുകൊണ്ടാണ് പാങ്ക്വെന്ന് പറയുന്നത് എന്താണ് പാങ്ക്തം വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് ജായ പുത്ര ദൈവ മാനുഷ വിത്തം പിന്നെ ചേഷ്ട ഇത് കൂടി ചേരുന്നതാണ് കർമ്മ പാങ്ക്തലക്ഷണം കർമാശ്രുതി പറയുന്നത് ജായ കർമ്മ അനുഷ്ഠിക്കുന്നതിന് ഗ്രഹസ്ഥനാണ് കർമ്മ അനുഷ്ഠിക്കുന്നത് പുരുഷനാണ് അപ്പം അവിടെ സ്ത്രീ വേണം ജായ ഭാര്യ വേണം ധർമ്മപത്നി പുത്രൻ വേണം കർമ്മപൂർത്തിക്ക് വേണ്ടി താൻ അപൂർണമാക്കുന്ന കർമ്മങ്ങളെല്ലാം പുത്രനും വന്നിട്ട് വേണം പൂർത്തിയാക്കും ദൈവം മനുഷ്യൻ വിത്തം ഗീതയുടെ തുടക്കത്തിൽ പിടിച്ച് രണ്ടു തരത്തിലുള്ള വിത്ത കൊണ്ടൊന്ന് ദൈവം വിത്തം പിതൃക്കള ഉദ്ദേശിച്ച കർമ്മങ്ങൾ അല്ല മാനുഷം വിത്തം പിതൃക്കളെ ഉദ്ദേശിക്കുന്ന കർമ്മങ്ങൾ ദൈവം വിത്തം ദൈവത പ്രാപ്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന ഉപാസനകൾ ദൈവം വിത്തം ഉപാസന മാനുഷ്യം വിത്തം കർമ്മ പിന്നീട് ശരീരചേഷ്ട ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കർമ്മം വൈദിക കർമ്മം ഇതിന് പങ്കം പഞ്ചഭി യോഗ ഈ അഞ്ചെണ്ണ ഉള്ളതുകൊണ്ട് നമ്മളവിടെ ചർച്ച ചെയ്തതാണ് പഞ്ചാക്ഷര പങ്ക്തി പാങ്കോ യജ്ഞ ശ്രദ്ധ പറയുന്നു പങ്ക്തി എന്ന് പറയുന്നൊരു ഛന്ദസ് അതിൽ അഞ്ചാക്ഷരങ്ങളുണ്ട് അതുപോലെ എന്താണ് പഞ്ചസംഖ്യ ഉള്ളത് കൊണ്ട് കർമ്മത്തെയും പാങ്കം എന്ന് പറയുന്നു അതുകൊണ്ട് അത് കാമ്യമാണ് ഉപേ ഹേത സാധ്യ സാധന ലക്ഷണേശനു വ ഇത് രണ്ടും സാധ്യവും സാധനയും രണ്ടും രണ്ടും എന്നെ സംബന്ധിച്ചും ഏഷണ ഇച്ഛ ആഗ്രഹം സാധ്യം സ്വർഗം സാധനം യാഗം എനിക്ക് യാഗം അനുഷ്ഠിക്കണം അപ്പം യാഗാനുഷ്ഠാനത്തിൽ ഏഷ്യനുണ്ട് എനിക്ക് സ്വർഗം വേണം സ്വർഗത്തിലേശനുണ്ട് ഇതെല്ലാം ഏഷണയിൽപ്പെടുന്നതാണ് വിധി വാചസനെ ബ്രാഹ്മ അതുകൊണ്ട് അവിദ്യ കാമദോഷ നിമിത്തായ വാങ്മനക്കായ പ്രവൃത്തെ വിദുഷോ അവിദ്യാതി ദോഷാഭാവൂപത്തെ പറഞ്ഞ കാര്യത്തിലൂടെ ഉപസംഹരിക്കുന്നു അവിദ്യ കാമദോഷ നിമിത്തായ വാങ്മനക്കായ പ്രവൃത്തി ശരീരവാക്ക് മനസ്സുകളെല്ലാം പ്രവർത്തിക്കുന്നത് അതാണ് ആവിദ്യ കാമ ദോഷങ്ങളെ കൊണ്ടാണോ വൈദികമായാലും ലൗകികമായാലും പാങ്കലക്ഷണായ അതിൽ വൈദിക കർമ്മം എന്താണ് അതിനെ പാങ്ക്തം എന്ന് പറയുന്നു വിദുഷോ അവിദ്യാദി ദോഷാഭാവ വിദ്വാനെ സംബന്ധിച്ച് ഈ ദോഷങ്ങളൊന്നുമില്ല അനുപത്തെഹി അതുകൊണ്ട് ഈ കർമ്മം വിദ്വാനിൽ സാധ്യമേ അല്ല അതുകൊണ്ട് ക്രിയാഭാവം മാത്രം വിധാനം അതുകൊണ്ട് സന്യാസം കർമ്മത്യാഗം എന്ന് പറയുന്നത് ക്രിയാഭാവം വൈദികമായ കർമ്മങ്ങളുടെ അഭാവം അതാണ് സന്യാസം ഇന്നത്തെ സന്യാസമോ അത് സന്യാസമേ അല്ല എന്തുകൊണ്ട് പാങ്ക്തരൂപത്തിലുള്ള കർമ്മമേ ഇന്നില്ല അപ്പൊ പാങ്ക്തരൂപത്തിലുള്ള കർമ്മത്തിന്റെ അഭാവവും ഇന്നില്ല ചെയ്യുന്നവനല്ലേ ഉപേക്ഷിക്കേണ്ട ആവശ്യം ചെയ്യാത്തവനെന്ത് ഉപേക്ഷിക്കാൻ അതുകൊണ്ടാണ് ശൂദ്രൻ സന്യാസം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നുള്ളതല്ല ശൂദ്രന്മാരാണ് എന്തുകൊണ്ട് അവർക്ക് ഈ പാങ്ക്തരൂപത്തിലുള്ള കർമ്മമേ ഇല്ലാത്തവനെങ്ങനെ ത്യജിക്കും ഇല്ലാത്തവനെ ത്യജിക്കാൻ പറ്റും ഉള്ളതിലേ ത്യക്കാൻ പറ്റും അതുകൊണ്ട് ഇന്ന് സർവര ശൂദ്രന്മാരാണ് ശൂദ്രൻ എന്ന് പറയുന്ന കേവലം നാമധാരികളല്ല ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്നൊക്കെ പറയുന്ന എല്ലാ നാമധാരികളും ഇന്ന് ശൂദ്രന്മാരാണ് എന്തുകൊണ്ട് അവർക്കാര്ക്കും ഈ പാങ്ക്രൂപത്തിലുള്ള കർമ്മമേ ഇല്ല അപ്പോൾ അവർക്ക് സന്യാസത്തിനും അധികാരമില്ല ആർക്കും എന്നാലും ഈ എല്ലാ ശൂദ്രന്മാരും സന്യാസികളെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നുമുണ്ട് അറിവില്ലായ്മ അതുകൊണ്ട് പറയുന്നെന്താണ് പാങ്തലക്ഷണായ വിദുഷു അവിദ്യാദി ദോഷാഭാവ പക്ഷെ ഇവിടെ വിദ്വാനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ അവിദ്യാദി ദോഷങ്ങളൊന്നുമില്ല അനുപത്യഹ അതുകൊണ്ട് കർമ്മം ആ ജ്ഞാനത്തിൽ ഈ കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിൽ പ്രസക്തി ചെറിയ മാത്രം വിധാനം പിന്നെ എന്താണ് വിധാനം എന്ന് പറയുന്നത് ഈ കർമ്മങ്ങളുടെ അഭാവം മാത്രം അതിനു യാഗാദിപത് അനുഷ്ഠയരൂപം യാഗാദികളെപ്പോലെ അനുഷ്ഠയമായിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് സന്യാസം ഇന്നില്ലെന്ന് പറഞ്ഞത് ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് അനുഷ്ഠേയമാണ് സന്യാസത്തിൽ എന്തൊക്കെ അനുഷ്ഠിക്കാനുണ്ടെന്ന് ശരിച്ചാണ് അനുഷ്ഠിക്കുന്നത് സന്യാസത്തെ സ്വീകരിക്കുന്നു കൊടുക്കുന്നു വിൽക്കുന്നു വാങ്ങുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്ന എന്താണ് ക്രിയാഭാവം മാത്രം വിധാനം സന്യാസം എന്ന് പറയുന്നത് ക്രിയാഭാവം മാത്രമാണോ യാഗാധിപത് അനുഷ്ഠേയരൂപം ഭാവാത്മക അത് ഭാവാത്മകമായിട്ടൊന്നുമില്ല പറയുന്നത് യഥാർത്ഥമായ സന്യാസത്തെക്കുറിച്ച് പറയുകയാണ് വിദ്യുത് സന്യാസത്തെക്കുറിച്ച് പറയുകയാണ് അവിടെ അനുഷ്ഠേയരൂപത്തിലൊന്നുമില്ല ഭാവാത്മകമല്ലാതെ ഭാവാത്മകം അങ്ങനല്ല തച്ച വിദ്യാവത് പുരുഷധർമ്മിതി അതെങ്ങനെയാണോ വിദ്യ എന്താണ് പുരുഷധർമ്മ പുരുഷസ്വരൂപം തന്നെ വിദ്വാന്റെ വിദ്യ അതുപോലെ സന്യാസവും ആത്മസ്വരൂപം തന്നെ അതുകൊണ്ടെന്നാ പ്രയോജനം അന്വേഷണമേ അതുകൊണ്ട് എന്താണ് അതിന്റെ പ്രയോജനം സന്യാസത്തിന്റെ പ്രയോജനം എന്താണോ എന്ന കാര്യമില്ല സന്യാസം പ്രയോജനം ഇല്ലാത്താണ് എന്നർത്ഥം അതുകൊണ്ടാണ് ഇന്ന് സന്യാസം ഇല്ലെന്ന് പറഞ്ഞു ഇന്നത്തെ സന്യാസം പ്രയോജനമുള്ളതാണ് യഥാർത്ഥ ശങ്കരായ പറയുന്ന സന്യാസം ഒരു പ്രയോജനമില്ലാത്തതാണ് ഇന്നത്തെ സന്യാസത്തിന് പല നേട്ടങ്ങളുമുണ്ട് മറ്റതങ്ങനെയല്ല നേട്ടങ്ങളൊന്നും ഇല്ലാത്തതാണ് അത് വിദ്യയെപ്പോലെ ജ്ഞാനം പോലെ തന്നെ സന്യാസം െ സന്യാസോ ആത്മസ്വരൂപം തന്നെ ഇത് മനസ്സിലാക്കിയില്ല സന്യാസിമാരാകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവര് സന്യാസം എന്താണെന്ന് മനസ്സിലാക്കി ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസം എന്താണെന്ന് മനസ്സിലാക്കും ഇന്നത്തെ സന്യാസം എന്താണെന്നും മനസ്സിലാക്കണം അതുകൊണ്ട് സന്യാസം ഇവിടെ പറയുന്നത് എന്താണത് പ്രയോജനമുള്ളതല്ല ഫലമുള്ളതല്ല സ്വയം അത് പ്രയോജനമാണ് അത് വിദ്വാന്റെ നിലയാണോ ആരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഡ്യൂപ്ലിക്കേറ്റ് സന്യാസത്തെ കുറിച്ച് ഇനി ചർച്ച ചെയ്യും ഇത് ഒറിജിനൽ സന്യാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതും ചർച്ചയ്ക്ക് വരുന്നുണ്ടത് അതാണ് വിദ്വസ്യാസം യഥാർത്ഥ സന്യാസം സന്യാസിമാരെ നിരാശപ്പെടേണ്ട കാര്യമില്ല അത് വരുന്നുണ്ട് പ്രവിഷ്ടസ് ഉദിതേ ആലോകെ യത് ഗർത്ത പങ്ക കണ്ടകാദ്യപതം തത് പ്രയോജനം ഇത് പ്രശ്നാർഹം ഒരാൾ ഇരുട്ടിലായിരുന്നു ഇരുട്ടിലായപ്പോ അയാൾ കാലിൽ മുള്ള കൊണ്ടും കാലിൽ അഴുക്ക് പറ്റി കുണ്ടിലൊക്കെ പോയി വീണു യാത്ര ചെയ്തു സൂര്യനുദിച്ച് വെളിച്ചം വന്നു അയാൾ പരസ്യ രോഗം നോക്കി ശ്രദ്ധിച്ചു നടക്കുന്നു അയാളോട് എന്താ നീ ഇപ്പോഴും കുഴിപ്പോയി ചാടാത്തതെന്ന് ചോദിക്കുന്നതിലർത്ഥം തന്നെയുണ്ടോ ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഇതുപോലെ അസംബന്ധമാണ് ഞാൻ അങ്ങനെ ഇങ്ങനെയായിരുന്നു ഉറങ്ങു ഒന്നു ഇത്തരം ചോദ്യങ്ങളെല്ലാം ഇതുപോലെ അസംബന്ധമാണ് അങ്ങനെ തമസി പ്രവിഷ്ടസ്യ ഉദിതാലോഗ്യ വെളിച്ചം വന്നു ഗർത്തം പുഴി പങ്കം ചെളി കണ്ടകം മുള്ള ഇതിലൊന്നും പതിക്കാത്തത് തക്കും പ്രയോജനമിതി പ്രശ്നാർഹം അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ട് ആ പ്രയോജനത്തിന് ചോദിക്കേണ്ട കാര്യമില്ല വെളിച്ചത്തിൽ അന്നും സംഭവിക്കില്ല അത്ര വിധാനം തർഹി അർത്ഥപ്രാപ്തത്വ എന്ന വിധാനം എന്ന് പറയുന്നത് അർത്ഥസിദ്ധമാണത് സംഭവിച്ചേ തീരു സന്യാസം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുന്നതോ ചോദിച്ചു വാങ്ങുന്നതോ അല്ല അർത്ഥസിദ്ധമാണത് അർത്ഥസിദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് തത്വജ്ഞാനത്തിൽ സംഭവിക്കുന്നു സംഭവിച്ചേ തീരു സംഭവിക്കാതിരിക്കാൻ കഴിയത്തില്ല തത്വജ്ഞാനം എന്താണ് താൻ അകർത്താവാണ് ആത്മാവാണോ തൻ കർത്തൃത്വമില്ല എന്നു വന്നുകഴിഞ്ഞാൽ ആ കർത്തൃത്വത്തെ ആശ്രയിച്ചു വരുന്ന സർവ്വകർമ്മങ്ങളും ഒടുങ്ങുന്നു അത് അർത്ഥസിദ്ധമെന്ന് പറയുന്നത് അതാണ് അർത്ഥാസിദ്ധം അനിധാനുപത്യാസി അങ്ങനെ അല്ലാതെ സംഭവിക്കാൻ സാധ്യമില്ല സംഭവിച്ചേ തീരും അതാരെങ്കിലും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല ആരെങ്കിലും പറഞ്ഞിട്ട് ആ ഗുരു പറഞ്ഞു നീ സന്യാസിച്ചോ അങ്ങനെ സന്യാസി ആകുന്നതല്ല അല്ലെങ്കിൽ മറ്റേ സന്യാസിയെ കണ്ടപ്പോ സന്യാസിക്ക് കൂടുതൽ അംഗീകാരവും ബഹുമാനവും ഒക്കെ കിട്ടുന്ന ഞാനും ഒരു സന്യാസിയാകാം കുറച്ച് ഉയർന്ന ആശ്രമത്തിൽ കിട്ടും ബഹുമാന സ്പെഷ്യൽ ഭക്ഷണമൊക്കെ കിട്ടും ഞാനും ആകാം സന്യാസി ആഗ്രഹിച്ച് നേടുന്നതല്ല അർത്ഥസിദ്ധമാണ് തത്വജ്ഞാനം കൊണ്ട് സിദ്ധമാണ് എന്ന ചോദനാർഹം അതുകൊണ്ടത് ആർക്കും വിധിക്കാൻ സാധ്യമല്ല കൊടുക്കാൻ സാധ്യമല്ല വാങ്ങാൻ സാധ്യമല്ല അതാണ് വിദ്യുസ്സന്യാസം അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് സംഭവിച്ചേ തീരും അങ്ങനെയുള്ള ഒരു വിധ്വാനത്തെയാണ് ഇവിടെ ഭാഷകാരൻ മുഖ്യമായി പറയുന്നത് തത്വജ്ഞാനത്തിലുള്ള സന്യാസം പക്ഷെ ഇതങ്ങോട്ട് അംഗീകരിക്കാൻ എല്ലാവർക്കും പ്രയാസമാണ് നമുക്കും പ്രയാസമാണ് അവനവന്റെ അസ്തിത്വത്തെ ബാധിക്കുന്ന കാര്യമായി ജീവിതം കഴിച്ചു പോകുന്ന ഈ സന്യാസം കൊണ്ടാണ് ഇതമ്പെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കും പ്രയാസമുള്ള കാര്യമാണ് ഈ സന്യാസത്തെ അംഗീകരിക്കാൻ മീമാംസവര് സാധ്യത അവർക്ക് താല്പര്യമില്ല അവർ തയ്യാറുണ്ട് അങ്ങനെ ഒരു സന്യാസി വീണ്ടും ചോദിക്കുന്നു ഗർഗസ്ഥേച്ച പരബ്രഹ്മ വിജ്ഞാനം ജാതം തത്രയസ്തുവത ഹാസനം തത്വ അന്യത്ര ഗമനവിധി ചെയ്യൽ പറയുന്നു നിങ്ങൾ സന്യാസ സന്യാസം എന്തിനാ പറയുന്നത് കർമ്മം എന്താണെന്നറിയാം എന്താണോ വേദാധ്യയനം ചെയ്യുന്നു വിധിപത് ധാരാപരിഗ്രഹം വിവാഹം കഴിക്കുന്നു ധർമ്മമീമാംസ എല്ലാം ശരിക്ക് നടത്തി ഗാർഹസ്ഥ്യം ഗൃഹസ്ഥ ധർമ്മത്തിലിരുന്നു കർമ്മം ചെയ്തു നിഷ്കാമമായി കർമ്മം ചെയ്തു ചിത്തശുദ്ധിയുണ്ടായി അതൊക്കെ സംഭവിക്കാം ജ്ഞാനവും ഉണ്ടായി ആത്മജ്ഞാനം ഗർഹസ്ഥയെ പരബ്രഹ്മവിജ്ഞാനം ജാതം പരബ്രഹ്മവിജ്ഞാനം ഉണ്ടായി പരമാത്മജ്ഞാനം ഉണ്ടായി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തത്രയ അസ്തു അക്കുർവത ആസനം അവിടെ കർമ്മത്യാഗത്തോടു കൂടി അവിടെ തന്നെ ഇരുന്നു അല്ലെ അഗ്രഹസ്ഥാസനം എന്തിനുപേക്ഷിക്കണം എന്നാണ് അങ്ങനെ ഒരുപാട് ലോക്കൽ സന്യാസിമാരെ നമുക്ക് കാണാം ലോക്കൽ സന്യാസിന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസി അല്ലാത്തവരെയൊക്കെയാണ് ഞാൻ ലോക്കൽ സന്യാസിന്ന് പറയുന്നത് ആര് പറയും ഞാൻ സന്യാസിയാണ് ഗ്രഹസ്ഥനാണ് ഞാൻ നിസ്സംഗനാണ് എനിക്ക് ഭാര്യയോടും മക്കളോടും ഒന്നും യാതൊരു സംഘവും ഇല്ല തത്വജ്ഞനാണ് കർമ്മവും ഇല്ല പെൻഷനായതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കർമ്മവും ഇല്ല അങ്ങനൊരു സന്യാസം എന്നാ തത്വം അന്യത്ര ഗമനം അതുകൊണ്ട് ഭാര്യയും മക്കളും ഉപേക്ഷിച്ചിട്ട് ഭിക്ഷാടനം നടത്തേണ്ട കാര്യമില്ല അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല തത്വജ്ഞാനം പറയാൻ പറ്റും വേറെ എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടി പാസനാണ് തത്ര വാസ്തു അക്രൂപതാസനം അങ്ങനെ തന്നെ തുടരാം തത്വജ്ഞാനിയായി സന്യാസിയായി ഭാര്യ മക്കളുമൊക്കെ അടുത്തുണ്ടായിരിക്കും സുഖ ജീവിതമാണ് എന്നാ തത്വം അന്യത്ര ഗമനം ഭിക്ഷാടനത്തിന്റെ ആവശ്യമില്ല ശങ്കരാചര്ക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ സന്യാസം ശങ്കരാചര് പറഞ്ഞ സന്യാസമല്ല സന്യാസി ഭിക്ഷാടനം ചെയ്തേ തീരൂ അതിൽ യാതൊരു ഇളവുമില്ല നമ്മുടെ സന്യാസം ശങ്കരായ സന്യാസം എന്ന് പറയാൻ പറ്റും ഒരിക്കലുമല്ല ഇതിന് ശങ്കരായ സപ്പോർട്ട് ചെയ്ത് ആത്മജ്ഞാനിയായിരുന്നാൽ പിന്നെ ശരീരധാരണ എങ്ങനെ നിർവഹിക്കും ബാങ്കിലെ പൈസ കൊണ്ട് പറ്റത്തില്ല ഭിക്ഷെടുത്തിട്ട് പറ്റത്തില്ല റ്റത്തില്ല മറ്റുള്ളവർ തരുന്നത് കൊണ്ട് പറ്റത്തില്ല ഭാര്യ മക്കളും ഒക്കെ കൊടുക്കുന്ന ഭക്ഷണം അതുകൊണ്ട് പറ്റത്തില്ല ആശ്രമത്തിൽ ചെന്ന് സേവനം ചെയ്താൽ പറ്റുമോ അതുകൊണ്ട് പറ്റത്തില്ല ഭിക്ഷാടനം തന്നെ വേണം ഭിക്ഷ കൊണ്ട് ശരീരം അത് ആവർത്തിച്ച് ആവർത്തിച്ച് പോരും ദേഹി ത്യനുത്വ ദേഹി ഭിക്ഷാം ദേഹി എന്ന് പറയാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ കിട്ടുന്നത് തന്നെ കഴിക്കുന്നു അല്ല എല്ലാ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് അരുണ് ചോദിക്കുന്നില്ല കിട്ടുന്നു അതൊന്നും പറ്റില്ല നമ്മൾക്കിപ്പോ ചോദിക്കാതെ തന്നെ കിട്ടുന്നുണ്ട് ഭിക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അതിന്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ട് ഭക്തന്മാരൊക്കെ കൊണ്ട് തന്ന് കഴിച്ചുകഴിഞ്ഞാൽ അത് ഭിക്ഷയാകത്തില്ല കാരണം അത് സ്വാമിയുടെ ബുദ്ധിയാണ് ഭക്തന്മാരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക ഭക്തന്മാരും കൊണ്ട് കൊടുക്കുക അതൊക്കെ ഒന്നും ഭിക്ഷയല്ല ഭിക്ഷ നാണം തന്നെ ഭിക്ഷയ്ക്ക് ഇറങ്ങി ഭിക്ഷ പിച്ച ഭിക്ഷെന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകത്തില്ല പിച്ചമാണ് അത് ശങ്കരായർക്ക് നിർബന്ധമാണ് അത് വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുണ്ട് ഭാര്യയും മക്കളുമൊക്കെ തരുന്നു കഴിച്ചുകൊണ്ടിരുന്ന സന്യാസമാകുമെന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല എന്നാ പറയുന്നു അത് വെറും ഒരു അടവ് മാത്രമാണ് വീട് വിടാതിരിക്കുന്ന എന്തുകൊണ്ടാണ് കാമപ്രയുക്തത്വ ഗാർഹസ്ഥ ഗാർഹസ്ഥ്യം എന്ന് പറയുന്നതിന് എന്താണ് പ്രേരകമായിരിക്കുന്നത് കാമം തന്നെയാണ് ഒരു സംശയമുണ്ട് അതില്ലെങ്കിൽ ഗാർഹസ്ഥ്യല്ല പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല ഭാര്യയോടും മക്കളോടൊന്നും താല്പര്യമില്ല ഞാനിയാണെന്ന് പറയുന്നില്ലെന്നും ഒരർത്ഥമില്ല പിന്നിൽ അത് അവനവൻ സ്വയം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പറയത്തില്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാം സന്യാസിമാരെന്ന് പറയുന്നു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് സ്വയം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും സന്യാസമെന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സന്യാസമല്ല മുഖ്യമായ സന്യാസമല്ല ഇത് ഗൗണ സന്യാസം അത് പറയാം ചർച്ച ചെയ്യുന്നുണ്ടെന്നാലും ആദ്യം മുഖ്യമായ സന്യാസം എന്താണെന്ന് സംശയം കൂടാതെ മനസ്സിലാക്കണം അത് വെള്ളം ചേർക്കാതെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനിതിൽ കർശനമായി പറയുന്നത് സന്യാസിമാരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടല്ല വ്യക്തമായി തന്നെ മനസ്സിലാക്കണം അതിൽ ഭക്ഷ്യകാരൻ്റെ നിലപാടെന്താണ് അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് സന്യാസിക്കാമെന്ന് പറഞ്ഞാൽ ശരിയല്ല കാരണം അവിടെ ഇരിക്കണമെങ്കിൽ കാമം വേണം ഒന്നുമില്ലെങ്കിലും ഭാര്യയും മക്കളെയൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ളൊരു ആഗ്രഹം എങ്ങനെയും വേണം ഒന്നുമില്ലാതെ അവിടെ ഇരിക്കാനൊക്കെ കാമപ്രയുക്തത്വ ഗർഭസ്ഥ്യേതാൻ ആ ഗർഭസ്ഥെ കുറിച്ച് പറയുമ്പോൾ ശ്രുതി തന്നെ പറയുന്നുണ്ട് ഇത് കാമമാണത് കാമത്തിലെ അത് ഉള്ള ഉഭേഹ്യേതേശനെ അവധാരണ െല്ലാം യേഷനെയാണ് ഗർഹസ്ഥ്യം അവിടെ ഇരുന്ന കർമ്മം അവിടെ ഇരുന്നുള്ള ഫലാനുഭവങ്ങൾ എല്ലാം കാമപ്രേരിതമാണ് എന്നിട്ട് അവിടെ ഇരുന്നൊരു സന്യാസ് അതങ്ങനെ ശരിയാകും അതുകൊണ്ട് കാമ നിമിത്ത പുത്രവിത്താതി സംബന്ധ നിയമ അഭാവമാത്രമേവ നീ തത് അന്യത്ര ഗമനം അപ്പോൾ കാമ നിമിത്ത പുത്ര വിത്താതി സംബന്ധ നിയമ അഭാവം മാത്രമേവ കാമനിമിത്തമാണിതല്ല എന്താണ് പുത്രൻ വിത്തം ഭാര്യ ഇതല്ല ഇതുമായിട്ടുള്ള ബന്ധം ഇത് നിയതമാണ് അവിടെയിരിക്കുന്ന അവിടെ ഇരിക്കുക െന്ന് പറഞ്ഞാൽ ഇതിനോടുള്ള ബന്ധത്തിൽ നിലനിർത്താന്നുള്ളതാണ് ഇത് പാടില്ല എന്നാണ് ഇവിടെ സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇങ്ങോട്ടെങ്കിലും വരിക പോകാന്നുള്ളതല്ല എവിടെ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതല്ല മുഖ്യം താൻ ഗ്രഹത്തിൽ ഇരിക്കുന്നു ഗ്രഹസ്ഥനാണോ എന്നുള്ള ഭാവത്തിൽ സന്യാസം സാധ്യമുണ്ട് ഈ തത്വ അന്യത്ര ഗമനം വിധാനം വിധാനം എന്ന് പറയുന്നത് എങ്ങോട്ടെങ്കിലും പോവുകയോ വരുന്നത് ചെയ്യുന്നതല്ല തോന്നാർഹസ്ഥ അക്ർവത ആസനം ഉത്പന്ന വിദ്യസ്യ അതുകൊണ്ട് അക്കർവത കർമ്മം ചെയ്യാതെ തത്വജ്ഞാനിയായി ഗാർഹസ്ഥ്യ ഗാർഹസ്ഥർമ്മത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല ഉത്പന്ന വിദ്യസ്യ ജ്ഞാനം അത് സാധ്യമല്ല ഗർഹസ്ഥി ഒന്ന് ധർമ്മത്തോടെ ഏതെങ്കിലും തരത്തിൽ സന്യാസത്തെ ബന്ധപ്പെടുത്താൻ സാധ്യമല്ല ഇവിടെ പറയുന്നത് സന്യാസി അത്യാശ്രമിയെ കുറിച്ചാണ് അതിന് ഏതെങ്കിലും തരത്തിൽ ഒന്നിനോടും ബന്ധപ്പെടുത്താൻ സാധ്യമല്ല അത്യാശ്രമിയാണ് അതിക്രമിച്ചവനാണ് അപ്പൊ അവിടെ പോവുക വരുക എന്നുള്ള ഒന്നുമില്ല പരമഹംസ പരിപ്രാജകൻ എന്ന് പറയുന്നു ഉത്പന്ന വിദ്യ ഒരുവന് ഞാനുണ്ടോ അപ്പൊ പിന്നെ അവന് ഗരഹസ് തന്നെ ഉറച്ചിരിക്കാൻ സാധ്യത അതുമാത്രമല്ല ഏതേന്ന് ഗുരു ശുശ്രൂഷ തപസോപ്പി അപ്രതിപത്തിൽ വിദുഷ സിദ്ധ അപ്പോ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ഗുരുശിശ്രാശാദികളും ഇല്ല തുടങ്ങിയ തപസ്സുകളും അവിടെയില്ല തത്വജ്ഞന് വീണ്ടും ഗുരുശുശ്രൂഷ പോലെയുള്ള കർമ്മങ്ങളുണ്ടോ എന്നാണ് തത്വജ്ഞാനില്ലാത്ത ഒരു തരത്തിലുള്ള എന്തുകൊണ്ട് അപ്പൊ ഭിക്ഷാടനമാകാം ഗുരുശുശ്രൂഷ ഇല്ല എന്ന് പറയുന്നതിന് എന്താ കാര്യം എന്തുകൊണ്ടങ്ങനെ പറയുന്നു കാരണം ഗുരു ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്തവ്യമായി വിധിച്ചിരിക്കുന്നാണ് ഗുരുവിന്റെ സന്നിധിയിൽ കഴിയുന്നവന് അത് കർത്തവ്യമാണ് അത് ചെയ്തേ തീരുന്നു അപ്പൊ തത്വജ്ഞന സംബന്ധിച്ചിടത്തോളം കർത്തവ്യമേ ഇല്ല കർത്തവ്യമില്ലെങ്കിൽ ഗുരു ശുശ്രൂഷയും അവിടെ ഇല്ല തത്വജ്ഞന സംബന്ധിച്ചിടത്തോളം അല്ലേ പറയുന്നു ഗുരുനൈവശിഷ്യം അവിടെ ഗുരു ശിഷ്യനെന്നുള്ള ഭേദം ഇല്ല തത്വൻ തത്ത്വജ്ഞൻ ഗുരു ശുശ്രൂഷയില്ല താൻ ഗുരുവാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ശുശ്രൂഷിക്കണമെന്നുള്ള ആഗ്രഹവും ഉണ്ട് അതും തത്വജ്ഞനില്ല അങ്ങനെയും വരാൻ പാടില്ല ആ തനിക്ക് ഗുരുവിനെ ശുശ്രൂഷിക്കാൻ വയ്യ പക്ഷെ താൻ ഗുരുവാണ് തന്നെ ശുശ്രൂഷിക്കുന്നു അങ്ങനെയില്ല അതാണ് തത്വജ്ഞ ഒരു തരത്തിലുള്ള ഗുരു ശുശ്രൂഷ എന്ന് പറയുന്നൊരു സാധനയാണ് തത്വജ്ഞൻ സിദ്ധനാണ് സാധനയുടെ ആവശ്യം ഗുരുസന്നിധിയിൽ അദ്വൈതം പാടില്ല എന്ന് പറയുന്നതോ അത് അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ ശ്രവിച്ചിട്ട് അദ്വൈതത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വികൃങ്ങളൊക്കെ നിലനിൽക്കെ തന്റെ അജ്ഞാനം കൊണ്ടും ആംഭാവം കൊണ്ടും ഗുരുവിന്റെ സന്നിധിയിൽ പോയി അദ്വൈതം പ്രകടിപ്പിക്കരുത് അതാണത് പറയുന്നത് പരമമായ നിലയിൽ അവിടെ ഗുരു ഭേദമില്ല ഗുരുശിഷ്യ ഭേദമില്ലാത്തതുകൊണ്ട് അവിടെ ഗുരുശുശ്രൂഷാദി വിധികണമില്ല ഗുരുശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമസ്കാരാദികളും കർത്തവ്യമല്ല തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം പാണ്ഡവ്യത്തിൽ അത് ചർച്ച ചെയ്താണ് അത് തത്വജ്ഞാനത്തിന്റെ പരവമായ നില അതുകൊണ്ട് ഒന്നും തന്നെ അവിടെ കർത്തവ്യമായിട്ടില്ല എന്നറക്കും പിന്നെ ഭിക്ഷ എടുക്കുന്നതോ ഭിക്ഷ മാത്രമേ ഉള്ളൂ അവിടെ അതോ കർത്തവ്യ കർമ്മമായിട്ടല്ല അത് ചെയ്യുന്നു ഫലത്തിന് വേണ്ടിയിട്ടുള്ള അത് ചെയ്യുന്നത് ഗുരു ശുശ്രൂഷയൊക്കെ ഫലത്തിന് വേണ്ടി വിരിച്ചിരിക്കുകയാണ് ശിഷ്യന്റെ ചിത്തശുദ്ധിക്ക് വേണ്ടി വിധിച്ചാണ് അത് അത് ചിത്തശുദ്ധിക്ക് വേണ്ടി അനുഷ്ഠിച്ചത് ചെയ്യുന്നു ഭിക്ഷാടനം എന്ന് പറയുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നതല്ല എന്തെങ്കിലും ഒരു ഫലത്തിന് വേണ്ടിയിട്ട് എന്താണ് ശരീര പ്രാരം ശരീരം നിലനിൽക്കും അതുകൊണ്ടത് സഹജകർമ്മം പോലെ അനുഷ്ഠിച്ചു വരുന്നതാണ് ക്ഷുപികാസാദികൾ ഭക്ഷണവും മറ്റും അതല്ല അത് വിഹിതകർമ്മങ്ങളെപ്പോലെ അനുഷ്ഠിക്കുന്നതല്ല രണ്ടും രണ്ടാണ് ഭിക്ഷ എടുക്കാമെങ്കിൽ ഗുരുവിനെ ശുശ്രൂഷ ചോദിക്കുന്ന കളക്ക് അത് വിഹിതമാണ് ഗുരുവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഇന്ന ആചരണങ്ങൾ ചെയ്യണം അതെല്ലാം സപ്രയോജനമായ കർമ്മങ്ങളാണ് അതിന് ഫലമുണ്ട് അത് ആ ഫലത്തിന് വേണ്ടി അത് ചെയ്തിട്ട് മറ്റതങ്ങനെയല്ല പ്രയോജനം ഉള്ളതല്ല വിദ്വാന് അതുകൊണ്ട് പ്രയോജന വിദ്വാൻ അത് വിധിച്ചത് വിഹിതമല്ലാത്ത രീതിയിൽ അഭിമാന കൂടാതെ ചെയ്യുന്ന ഒരു കർമ്മം അതുമാത്രം അഭിമാനഹരിതമായി ഗുരു ശുശ്രൂഷാദികളേർപ്പെട്ടാലോ കർത്തവ്യമല്ല വിഹിതമല്ലാത്ത കൊണ്ട് കർത്തവ്യമല്ല അല്ലെങ്കിൽ അഭിമാനം കൂടാതെ യാഗാദികളും വീണ്ടും ചെയ്യാം എന്ന് വരും ഭിമാനം കൂടാതെ യാഗാതി കർമ്മങ്ങൾ വീണ്ടും ചെയ്യാവുന്നത് ഒരു ശുശ്രൂഷയും ചെയ്യാം പക്ഷെ അത് കർത്തവ്യമായിട്ടല്ല അത് ചെയ്യണം എന്നുള്ളത് കൊണ്ടല്ല ശിഷ്ടാചാരമായിട്ട് ലോകബോധ്യത്തിന് വേണ്ടി ഒരാളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടയാൾ അജ്ഞനെന്ന് പറയാൻ പക്ഷെ ഇവിടെ ഭക്ഷികാരം പറയുന്നത് എന്താണ് തത്വജ്ഞാനത്തിൽ ഇതൊന്നും ശേഷിക്കുന്നില്ല ഒരു കർത്തവ്യ കർമ്മങ്ങളും ശേഷിക്കുന്നില്ല അത് ഈശ്വരാരാധന അതെല്ലാം അടുത്തുണ്ടെങ്കിൽ ശുശ്രൂഷ ഈശ്വരപൂജ തുടങ്ങിയ കാര്യങ്ങളൊന്നും എന്താണോ പ്രതിപദ്ധൃവിദുഷ കർത്തവ്യമായ ബോധം അതിലൊന്നും കർത്തവ്യബോധം വിദ്വാനില്ല അതാണ് വിദ്വസന്യാസം ആരെങ്കിലും ആ തത്വജ്ഞാനം കൂടാതെ അവർ അതിനെ അനുകരിച്ചിട്ട് ഗുരു ശുശ്രൂഷയും പറ്റും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അങ്ങ് നിന്ദയായിട്ട് മാറും ദോഷമായിട്ട് മാറും അതിനുവേണ്ടിയല്ലേ ഇത് പറയുന്നു ഇതതിന്റെ പരമമായ നിലയെ വെളിപ്പെടുത്തുകയാണ് തത്വന്റെ നിലയെ അത്ര കേൃഹസ്ഥാഹ ഭിക്ഷാടനൂക്ഷ്മിദർശയ ഉത്തരമാഹു ഭിക്ഷോരവിടനെ മാത്രാർത്ഥി ഗൃഹസ്ഥി സാധ്യസാധന ഉഭേ വിത്രാദനമാത്രീവത് ഗൃഹേവ നമ്മൾ സാധാരണ പറയുന്ന ഗൃഹസ്ഥന്മാര് ജ്ഞാനികളുടെ അഭിപ്രായത്തെയാണ് ഇവിടെ പറയുന്നത് അതൊക്കെ ആത്യന്തികമായി ആത്മവഞ്ചനയാണ് എന്നർത്ഥം അത് സന്യാസമായാലും ശരി ഗാർഹസ്യമായാലും ശരി അത് തത്വത്തിന്റെ നിലയിൽ അല്ലെങ്കിൽ എല്ലാം ലോകവഞ്ചനയെന്ന് പറയാൻ പറ്റില്ല ആത്മവഞ്ചനയാണ് ഗ്രഹസ്ഥ ചില ഗ്രഹസ്ഥന്മാർ വേദമെല്ലാം പഠിച്ചവര് കർമ്മങ്ങളെല്ലാം ചെയ്തവര് ഉപനിഷത്തെല്ലാം ശ്രവണമനങ്ങളൊക്കെ ചെയ്ത ആൾക്കാർ ഭിക്ഷാടനാതിഭയാത് പരിഭവാച്ഛാടനവും മറ്റും ചെയ്യുന്ന ഭയം കൊണ്ട് പേടിക്കേണ്ട കാര്യമാണ് പുറത്തിറങ്ങി ഭക്ഷതി ഇന്നത്തെ കാര്യമല്ല അന്നത്തെ കാര്യമാണ് ഇന്ന് ഭിക്ഷാടനം ചെയ്താൽ ജയിലിപ്പോവും പരിഭവാശ ആക്ഷേപിക്കുക ആൾക്കാർ ദണ്ടും കമണ്ടലവും കാഷായുമൊക്കെ ആയിട്ട് പുറത്തിറങ്ങി കിടക്കുമ്പോൾ പാമരന്മാർ വിവരമില്ലാത്തവർ പരിഹസിക്കും ഇവൻ ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യാതെ തടിയും കൊണ്ട് നടക്കുന്നു പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കും അന്നുകൊണ്ട് അല്ലെങ്കിൽ കള്ളൻ മേഷം നടക്കുന്നു ആൾക്കാരെ പറ്റിക്കുക ഇവൻ രാജാവിൻ്റെ ചാരനാണ് കള്ളന്മാരെ പഠിക്കാൻ നടക്കണമെങ്കിൽ കള്ളന്മാരെ പ്രജകളുടെ വിവരം അറിയാൻ നടക്കണം ഇങ്ങനെ എല്ലാം പറഞ്ഞ് പരിഹസിക്കുമെന്നാണ് പാമരന്മാർ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല നമ്മളിത് അധ്വാനിച്ചുണ്ടാക്കുന്നവനു കൊടുക്കണം ഇതൊക്കെ കേൾക്കുമ്പോ ശരിക്കും ഭിക്ഷയ്ക്കിറങ്ങുന്നതിന് വ്യസനം ഉണ്ടാവും അതുണ്ടാവും പരിഭവം കൊടുക്കും ഇന്നത്തെ സന്യാസം പോലെ ഇന്നത്തെ സന്യാസത്തിൽ ചിലപ്പോൾ ഇതൊക്കെ മടക്കി ബാഗ് വെച്ചിട്ട് റോഡി ഇറങ്ങി നടക്കേണ്ടി വരും എന്തുകൊണ്ട് സന്യാസി ഇതായിപ്പോയതുകൊണ്ടാണ് ഈ തുണിയിൽ സന്യാസം വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം സന്യാസത്തെ രക്ഷിക്കാൻ വേണ്ടി തുണി മാറ്റേണ്ടി വരും അത് തന്നെയാണ് പറയുന്നത് ഗൃഹസ്ഥന്മാർ അങ്ങനെ ഇറങ്ങി ഭിക്ഷാടനം നടത്താൻ പ്രയാസമാണ് തിരസ്കാരം നിന്തയെന്ന് സഹിക്കാൻ പറ്റത്തില്ല തൃസ്യമാനഹ ഇതൊക്കെ ഭയപ്പെടുന്നവരും സൂക്ഷ്മ ദുഷ്ടിതാം ദർശിക്കുന്നു എന്നാൽ വളരെ സൂക്ഷ്മ ബുദ്ധികളാണെന്ന് ഭാവിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു മണ്ടത്തനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്രഹോ അവന്റെ ഒരു ബുദ്ധിയുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അവൻ വലിയ മണ്ഡലം എന്നാ അർത്ഥം ഞങ്ങളൊരു വലിയ ബുദ്ധിമാനാണെന്ന് പറയും അതുപോലെ പറയുന്നു ഇവർ വലിയ സൂക്ഷ്മ ദൃഷ്ടികളാണെന്നാ പറയുന്നു ഞങ്ങൾ ഈ സന്യാസത്തിനൊക്കെ നിൽക്കുന്നവരാണ് ഈ ഗാർഹസ്ഥ്യമെന്ന് പറയുന്ന ധർമ്മത്തിൽ മുഴുകിയിരുന്നിട്ടാണ് പറയുന്നത് വളരെ സൂക്ഷ്മദർശികളെ പോലെ തത്വത്തെ മനസ്സിലാക്കിയവരെ പോലെ അവർ പറയുന്നു ഇതിന്റെയൊന്നും ആവശ്യമില്ല ഭിക്ഷാടനത്തിന്റെ കാര്യമില്ല അതിന്റെ പിന്നുള്ള കാര്യം മണിപ്പെടുത്തുന്നില്ല കാപ്പട്ടിയോ നിർത്തിയതല്ല അങ്ങനെ ചെല്ലു പറയുന്നുണ്ട് ഭിക്ഷാടനമൊന്നും ആവശ്യമില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം ഇവിടെ കിട്ടുന്ന കഴിച്ചുകൊണ്ട് ബ്രഹ്മവിചാരത്തിൽ ഇരിക്കാമെന്ന് പറയുന്നു അത് സന്യാസമല്ലേ ഇത്തരം പണികളൊക്കെ അന്നും ഉണ്ടായിരുന്നു എന്നർത്ഥം പറയുന്നു അല്ല ഐശ്വര്യാകത്തില്ല ഇത് ആത്മവഞ്ചനയാണോ സന്യാസിയാണോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയേ പറ്റും ഭിക്ഷ സ്വീകരിച്ചേ പറ്റൂ ഭിക്ഷാണത്തിലൂടെ ശരീരത്തെ നിലനിർത്തുക ശരീരം നിലനിർത്തണമെന്ന് ഉത്പന്ന വ്യത്യസ്ത പൊതുവിജ്ഞാനം വന്നു കഴിഞ്ഞെന്ന് വിചാരിച്ച് ശരീരം നശിക്കുന്നില്ല ഇതെന്താ അങ്ങനെ പ്രത്യേകം ഈ ഭിക്ഷാടനം ഭിക്ഷാടനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വൈദിക സമൂഹത്തോടാണ് ഇത് പറയുന്നത് അവര് ശരീരം നിലനിർത്തുന്നത് ഈ കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ദക്ഷിണ എങ്ങനെ അതാണ് ചോദ്യം ദക്ഷിണയില്ലെങ്കിൽ പിന്നെ ഭക്ഷണം അങ്ങനെ നടക്കും അതാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കർമ്മം ചെയ്യുക അവസാനം ഭക്ഷണത്തിൽ വന്നേക്കും വേറൊരുത്തരും സ്വർഗ്ഗം കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ തനിക്ക് തന്റെ സ്വർഗം ദക്ഷിണയാണ് അതുകൊണ്ട് ഭക്ഷണം കുടുംബം കാര്യങ്ങളെല്ലാം അതുകൊണ്ട് നടക്കും ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെങ്ങനെ തന്റെ കാര്യം പോലും നടക്കത്തില്ല പിന്നെ കുടുംബകാര്യം അപ്പൊ അതിലൂടെയാണ് ഇത് പോകുന്നത് ദക്ഷിണ ഭക്ഷണം അതുകൊണ്ടാണ് പക്ഷികാരം പറയുന്നത് വേണ്ട അങ്ങനെ ചിന്തിക്കണ്ട ദക്ഷിണയിലൂടെ ഭക്ഷണം കഴിക്കണ്ട ഭിക്ഷയിലൂടെ കഴിച്ചാൽ മതി അപ്പൊ ദക്ഷിണയ്ക്ക് വേണ്ടിയും കർമ്മം ചെയ്യേണ്ട കാര്യമില്ല അതും ഈ ഭിക്ഷ ഭിക്ഷവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിന്റെ അല്ലെങ്കിൽ ഈ ചോദ്യം വരെ ഭക്ഷണം അങ്ങനെ കഴിക്കും ദക്ഷിണ കിട്ടാതെ അതാണിത് വൈദിക പറയുന്നു വിടെ ദക്ഷിണെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിച്ചേ പറ്റൂ കർമ്മവും ദക്ഷിണ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ശരീരം നിലനിൽക്കുക ഭിക്ഷെടുക്കുക ഭിക്ഷാടനത്തിലൂടെ നിലനിർത്തുക നിലനിൽക്കുന്നതിലൊന്നും കെട്ടെ അതിൽ തന്നെ എങ്ങനെയായിരിക്കണമെന്ന് അതിന് പറയുന്നു എന്താണ് അതിനൊന്നും ആസക്തിയില്ലാതെ സ്വന്തം പ്രാരബ്ധനുസരിച്ച് ലഭിക്കുന്നതിനെ കഴിച്ച് ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കാതെ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം ഉള്ളിടത്ത് പോയി സന്യാസിയായ അത് ശരിയാവത്തില്ല ഇവിടെ ഒരു അന്നക്ഷേത്രം ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ അടുത്ത് സന്യസിക്കാമെന്ന് വിചാരിക്ക പറ്റില്ല അതാണ് അന്നത്തെ സന്യാസം അല്ല ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഇത് പല സ്ഥലത്തും ആൾക്കാർ സന്യസിക്കുന്നത് പോയി സന്യസിക്കുന്നു അവിടെ ഈ അന്നക്ഷേത്രം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ സന്യസിക്കാരും കാണത്തില്ല അന്നക്ഷേത്രം ഇല്ലാത്തൊരു സന്യാസമുണ്ട് സന്യസി കഴിഞ്ഞാൽ അവിടെ കിട്ടും ഭക്ഷണം ഇന്നത്തെ സന്യാസി ആശ്രമത്തിൽ പോകുന്നു അതിനു വേണ്ടി തന്നെയാണ് അതൊരു രഹസ്യമാണ് എങ്കിലും അവിടെയൊന്നും ഭക്ഷണമുണ്ട് ഭക്ഷാടനം കൊണ്ട് കാര്യം നടക്കത്തില്ല ഭക്ഷ്യകാരം പറഞ്ഞു എന്താണോ വേണ്ടത് നിങ്ങൾ കർമ്മത്തെ ഉപേക്ഷിക്കുക ദക്ഷിണയെ ഉപേക്ഷിക്കുക എന്നിട്ട് ഭിക്ഷ എടുക്കുക അപ്പൊ ഭിക്ഷുവാണെങ്കിലും എന്തായാലും ഭിക്ഷാടനം വേണ്ടി വരുന്നു അങ്ങനെയാണെങ്കിൽ ഞാനും ഞാനിയാണ് വീട്ടിൽ അവിടെ ഭാര്യയും മക്കളും തരുന്ന കഴിച്ചിരിക്കുക അതൊരു ഭിക്ഷയാണല്ലോ ഞാൻ പുറത്തു കർമ്മം ചെയ്യുന്നില്ല അവിടെ നിന്നും ദക്ഷിണിയും വാങ്ങുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് ഇവിടത്തെ വൈദികം പറയുന്നു അതിനെ നിഷേധിക്കുന്നു അതൊന്നും ശരിയല്ല ഇതെന്തോ ശങ്കരായൊരു വാശി പോലെയാണ് ഞാനീ കൊണ്ട് ഭിക്ഷ എടുപ്പിച്ചേ തീരും വാശിയായിട്ടാണ് പറയുന്നത് ചെയ്തേ പറ്റൂ അതിനൊരു കാരണമുണ്ടെന്താണോ അപരിഗ്രഹം സന്യാസത്തിൽ വന്ന് തന്നെ തീരണം തത്വജ്ഞാനത്തിൽ സമ്പൂർണമായ കർമ്മത്യാഗം വന്നു തന്നെ തീരണം ആ കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗൃഹം ധനം എല്ലാം ഇല്ലാതായി തന്നെ തീരണം അതാണ് മുക്തി അതാണ് ശങ്കരായിട്ട് നിലപാട് അതുകൊണ്ട് അതിനെ വെളിപ്പെടുത്തുന്നു ഞാൻ ആവർത്തിച്ചു പറയുന്നു